നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചിതയാക്കുകയും അവർ അവരുടെ യുദ്ധക്കാലം പൂർത്തിയാക്കുകയും ചെയ്താൽ അവർ പരസ്പരം മാന്യമായി സമ്മതിച്ചാൽ അവരെ അവരുടെ ഭർത്താക്കന്മാരെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടയരുത് നിങ്ങളിൽ അള്ളാഹുസുബാനഹുവായാലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഉപദേശമാണിത് അത് നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധിയും ശുദ്ധിയുമാണ് അള്ളാഹുസുബാനഹുവായാലെല്ലാം അറിയുന്നു എന്നാൽ നിങ്ങളറിയുന്നില്ല